ധ്യായം രണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സൂര്യന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം ഏതോ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല ഞാൻ സൂര്യന്റെ മതിലിനകത്ത് ഒരു തീ അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഏതോമിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കൽ ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല ഞാൻ തേമാനിൽ ഒരു തീ അയയ്ക്കും അത് ബൊസറയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അമൂന്യരുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലയാതിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഞാൻ രബ്ബയുടെ മതിലിനകത്ത് ഒരു തീ അത് യുദ്ധദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു അധ്യായം രണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു മോവാബിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ ഏതോം രാജാവിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഞാൻ മോവാബിൽ ഒരു തീയക്കും അത് കെരിയോത്തിന്റെ അരമനകളെ ദഹിപ്പിച്ചു മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാഥത്തോടും കൂടെ മരിക്കും ഞാൻ ന്യായാധിപതിയെ അതിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെയിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഞാൻ യഹൂദയിൽ ഒരു തീയക്കും അത് എരിശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേലിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരിപ്പിനും തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാൺമാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചുകളയുകയും ചെയ്യുന്നു എന്റെ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു അവർ ഏത് ബലിപീഠത്തിനധികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടന്നുറങ്ങുകയും പിഴയടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു ഞാനോ അമ്മൂര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു എങ്കിലും ഞാൻ മീതെ അവന്റെ ഫലവും താഴെ അവന്റെ വേരും നശിപ്പിച്ചു കളഞ്ഞു ഞാൻ നിങ്ങളെ മിശ്രയും ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു അമൂര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു അങ്ങനെ തന്നെ അല്ലയോ ഇസ്രയേൽ മക്കളെ എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞുകുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു കറ്റകയറ്റിയ വണ്ടി അമർത്തുന്നതുപോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ അമർത്തിക്കളയും അങ്ങനെ വേഗവാൻമാർക്ക് ശരണം നശിക്കും ബലവാന്റെ ശക്തി നിലനിൽക്കയില്ല വീരൻ തന്റെ ജീവനെ രക്ഷിക്കയില്ല വില്ലാളി ഉറച്ച് നിൽക്കയില്ല ശീഘ്രഗാമി തന്നെത്താൻ വിടുവിക്കയില്ല കുതിര കയറി ഓടുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുകയുമില്ല വീരന്മാരിൽ ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നായി ഓടിപ്പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്